അങ്ങനെ നാം സുലൈമാൻ അലിഹിസ്സലാമിനെ അത് ബോധ്യപ്പെടുത്തി കൊടുത്തു അവർ രണ്ടു പേർക്കും നാം വിവേകവും അറിവും നൽകി ദാവൂദ് അലിഹിസ്സലാമിനോടൊപ്പം പർവ്വതങ്ങളെയും പക്ഷികളെയും നാം കീഴ്പ്പെടുത്തി അവ അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരുന്നു നാം അത് ചെയ്യുന്നവരാകുന്നു